ജനങ്ങളുടെ സമ്പത്തിൽ വർദ്ധനവുണ്ടാക്കാൻ നിങ്ങൾ നൽകുന്ന പലിശ അള്ളാഹു സുബഹാനഭുവറ്റലായുടെ അടുക്കൽ വർദ്ധിക്കുകയില്ല എന്നാൽ അള്ളാഹു സുബഹാനഭു വറ്റാലായുടെ പ്രീതി ആഗ്രഹിച്ചുകൊണ്ട് നിങ്ങൾ നൽകുന്ന ജക്കാത്താണെങ്കിൽ അങ്ങനെയുള്ളവരാണ് ഇരട്ടിപ്പ് ലഭിക്കുന്നവർ